അങ്ങനെ അവർ അദ്ദേഹത്തിന്റെ അടുക്കൽ പ്രവേശിച്ചപ്പോൾ പറഞ്ഞു ഓ പ്രിയപ്പെട്ട മന്ത്രിയെ ഞങ്ങളെയും ഞങ്ങളുടെ കുടുംബത്തെയും കഷ്ടപ്പാടുകൾ ബാധിച്ചിരിക്കുന്നു ഞങ്ങൾ വളരെ കുറഞ്ഞ മൂല്യമുള്ള സാധനങ്ങളുമായാണ് വന്നത് അതിനാൽ ഞങ്ങൾക്ക് അളവ് പൂർണമായി നൽകുകയും ഞങ്ങളോട് ദാനമായി നൽകുകയും ചെയ്യണമേ തീർച്ചയായും ദാനം ചെയ്യുന്നവർക്ക് അള്ളാഹു സുബഹാനഹൂവത്ത ആല പ്രതിഫലം നൽകുന്നതാണ്